ും ചേച്ചിയും എന്താ ഉണ്ണി ഇത് ഇവിടെ ചോറു വാരി ഇട്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരൂ ഞാൻ ഉരുള ഉരുട്ടിത്തരാ വേണ്ടമ്മേ ഞാൻ തനിയെ തിന്നുകൊള്ളാം എനിക്ക് ഉരുള ഉരുട്ടാൻ അറിയാം ഇതൊക്കെ പിന്നെ ആരുടെ പണിയാ ശോഭ ചേച്ചിയുടെ അവൾ എവിടെ ദാ വരാന്തയിൽ ചേച്ചി പ്ലേറ്റും പിടിച്ചുകൊണ്ട് അവിടേക്ക് ഓടി നടക്കുന്നു അമ്മ ചേച്ചിക്ക് ചോറ് വാരി കൊടുത്തോളൂ അത് നന്നായി പത്തു വയസ്സുകാരിക്ക് ചോറ് ഉരുട്ടി കൊടുക്കണം അഞ്ചു വയസ്സുകാരൻ തനിയേ ഉണ്ടോളൂ എന്തൊരു കുസൃതിയാണവൾക്ക് എന്തേ നീ അവിടെ എന്തു ചെയ്യുന്നു ഇങ്ങോട്ട് വരൂ അപ്പുറത്തെ വീട്ടിലെ അമ്മേ ഹങ്കം കുറച്ച് കൂടുന്നുണ്ട് നീ എന്തിനാ ആ പട്ടിയെ വിളിച്ച് അകത്ത് കയറ്റി ഞാൻ വിളിച്ചു വരുത്തിയില്ല അത് തനിയെ വന്ന് കയറി ഞാൻ വരാന്തിൽ നിന്നോണ്ട് അപ്പുറത്തെ സുഷമയെ വിളിക്കാൻ പോയി എന്റെ ശബ്ദം കേട്ട് അത് കുരിച്ചോണ്ട് വന്ന് തോളിൽ ചാടിക്കയറി എന്റെ പ്ലേറ്റിൽ തലയിട്ടു പിന്നെ ഞാൻ എങ്ങനെയാ ചോറുണ്ണും നീ എന്തിനെ പ്ലേറ്റും പിടിച്ചോണ്ട് സുഷ്മയെ വിളിക്കാൻ പോയി എന്തായിരുന്നു അത്ര അത്യാവശ്യം ഊണുമുറിയിലും നീ ചോറൊക്കെ വലിച്ചു വാരിയിട്ടു എന്തൊരു കുട്ടി അമ്മേ ഊണുമുറിയിലെ പണിയൊക്കെ അമ്മയുടെ പുന്നാരെ പൂച്ചക്കുട്ടിയുടേതാ ഞാൻ ഒന്നും ചെയ്തില്ല പൂച്ചക്കുട്ടി എന്തോ ചെയ്തു അമ്മ ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് പോയില്ലേ അപ്പോ അത് വന്ന് എന്റെ കാലിൽ നക്കാൻ തുടങ്ങി എനിക്കെന്തോ പോലെ ആയി ഞാൻ പ്ലേറ്റും എടുത്തോണ്ട് ഒരൊറ്റ ചാട്ടം ചാടി കുറെ പറ്റൊക്കെ അപ്പോ നിലത്ത് വീണു അതുകൊള്ളാം ഇതെന്തൊരു കളിയാ നിനക്ക് പത്ത് വയസ്സായല്ലേ മോളെ ഒരടുക്കും ചിട്ടയും ഒക്കെ നീ ഇനി എന്ന് പഠിക്കും നോക്കിക്കോളൂ ഇനി ഒരിക്കലും അങ്ങനെ കാണിക്കരുത് ഇനി മുതൽ ഞാൻ ജോലിയൊക്കെ നന്നായി ചെയ്തോളാം അമ്മേ ലിസൺ എന്താ ഉണ് ഇത് എന്താ ഉണ്ണേ ഇത് ഇവിടൊക്കെ ചോറ് വാരിയിട്ടല്ലോ ഇവിടൊക്കെ ചോറ് വാരിയിട്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരൂ ഇങ്ങോട്ട് കൊണ്ടുവരൂ ഞാൻ ഉരുള ഉരുട്ടിത്തരാ ഞാൻ ഉരുള ഉരുട്ടിത്തരാ വേണ്ടമ്മേ ഞാൻ തനിയെ തിന്നുകൊള്ളാം വേണ്ടമ്മേ ഞാൻ തനിയെ തിന്നുകൊള്ളാം എനിക്ക് ഉരുള ഉരുട്ടാൻ അറിയാം എനിക്ക് ഉരുള ഉരുട്ടാൻ അറിയാം ഇതൊക്കെ പിന്നെ ആരുടെ പണിയാ ഇതൊക്കെ പിന്നെ ആരുടെ പണിയാ ശോഭ ചേച്ചിയുടെ ശോഭ ചേച്ചിയുടെ അവളെവിടെ അവൾ എവിടെ ദാ വരാന്തയിൽ ദാ വരാന്തയിൽ ചേച്ചി പ്ലേറ്റും പിടിച്ചുകൊണ്ട് അവിടൊക്കെ ഓടി നടക്കുന്നു ചേച്ചി പ്ലേറ്റും പിടിച്ചുകൊണ്ട് അവിടൊക്കെ ഓടി നടക്കുന്നു അമ്മ ചേച്ചിക്ക് ചോറുവാരി കൊടുത്തോളൂ അമ്മ ചേച്ചിക്ക് ചോറുവാരി കൊടുത്തോളൂ അത് നന്നായി അത് നന്നായി പത്ത് വയസ്സുകാരിക്ക് ചോറ് ഉരുട്ടി കൊടുക്കണം പത്തു വയസ്സുകാരിക്ക് ചോറ് ഉരുട്ടിക്കൊടുക്കണം അഞ്ചു വയസ്സുകാരൻ തനിയേ ഉണ്ടോളൂ അഞ്ചു വയസ്സുകാരൻ തനിയേ ഉണ്ടോളൂ എന്തൊരു കുസൃതിയാണവർക്ക് എന്തൊരു കുസൃതി ആണവൾക്ക് ശോഭയെ ശോഭെ ശോഭയെ ശോഭെ എന്തേ എന്തേ നീ അവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വരും നീ അവിടെ അപ്പുറത്തെ വീട്ടിലെ നായില്ലേ അമ്മേ അപ്പുറത്തെ വീട്ടിലെ നായില്ലേ അമ്മേ ചേച്ചി ചോറൊക്കെ അതിന്റെ വായിൽ ഇട്ട് കൊടുത്തു ചേച്ചി ചോറൊക്കെ ഇട്ടുകൊടുത്തു ശോഭെ നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ശോഭെ നിനക്ക് അഹങ്കാരം കുറച്ചു കൂടുന്നുണ്ട് നീ എന്തിന് ആ പട്ടിയെ വലിച്ചു അകത്ത് കയറ്റി നീ എന്തിനെ ആ പട്ടിയെ വരച്ചകത്ത് കയറ്റി ഞാൻ വിളിച്ചു വരുത്തിയില്ല ഞാൻ വിളിച്ചു വരുത്തിയില്ല അത് തനിയെ വന്ന് കയറി അത് തനിയെ വന്ന് കയറി ഞാൻ വരാന്തയിൽ നിന്നോണ്ട് അപ്പുറത്തെ സുഷമയെ വിളിക്കാൻ പോയി ഞാൻ വരാന്തയിൽ നിന്നോണ്ട് അപ്പുറത്തെ സുഷമയെ വിളിക്കാൻ പോയി എന്റെ ശബ്ദം കേട്ട് എന്റെ ശബ്ദം കേട്ട് അത് കുരിച്ചോണ്ട് വന്ന് തോളിൽ ചാടി കയറി അത് കുരിച്ചോണ്ടുവന്ന് തോളിൽ ചാടിക്കയറി എന്റെ പ്ലേറ്റിൽ തലയിട്ടു എന്റെ പ്ലേറ്റിന് തലയിട്ടു പിന്നെ ഞാൻ എങ്ങനെയാ ചോറ് ഉണ്ണും ഞാൻ എങ്ങനെയാ ചോറ് നീ എന്തിനു പ്ലേറ്റും പിടിച്ചോണ്ട് സുഷമയെ വിളിക്കാൻ പോയി നീ എന്തിന് പ്ലേറ്റും പിടിച്ചോണ്ട് സുഷമയെ വിളിക്കാൻ പോയി എന്തായിരുന്നു അത്ര അത്യാവശ്യം എന്തായിരുന്നു അത്ര അത്യാവശ്യം ഊണുമുറിയിലും നീ ചോറൊക്കെ വലിച്ചു ഊണുമുറിയിലും നീ ചോറൊക്കെ വലിച്ചു വാരിയിട്ടു എന്തൊരു കുട്ടി എന്തൊരു കുട്ടി അമ്മേ ഉണമുറിയിലെ പണിയൊക്കെ അമ്മയുടെ പുന്നാരെ പൂച്ചക്കുട്ടിയുടേതാ അമ്മേ ഊണുമുറിയിലെ പണിയൊക്കെ അമ്മയുടെ പുന്നാരെ പൂച്ചക്കുട്ടിയുടേതാ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല പൂച്ചക്കുട്ടി എന്തോ ചെയ്തു പൂച്ചക്കുട്ടി എന്തോ ചെയ്തു അമ്മ ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് പോയില്ലേ അമ്മ ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് പോയില്ലേ അപ്പോ അത് വന്ന് എന്റെ കാലിൽ നക്കാൻ തുടങ്ങി അപ്പോ അത് വന്ന് എന്റെ കാലിൽ നക്കാൻ തുടങ്ങി എനിക്ക് എന്തോ പോലെ ആയി എനിക്ക് എന്തോ പോലെയായി ഞാൻ പ്ലേറ്റും എടുത്തോണ്ട് ഒരൊറ്റ ചാട്ടം ചാടി ഞാൻ പ്ലേറ്റും എടുത്തോണ്ട് ഒരൊറ്റ ചാട്ടം ചാടി കുറെ പറ്റൊക്കെ അപ്പോ നിലത്ത് വീണു കുറെ പറ്റൊക്കെ അപ്പോ നിലത്ത് വീണു അതുകൊള്ളാം അത് ഇതെന്തൊരു കളിയാ ഇതെന്തൊരു കളിയാ നിനക്ക് പത്തു വയസ്സായില്ലേ മോളെ നിനക്ക് പത്തുവയായില്ലേ മോളെ ഒരടുക്കും ചിട്ടയുമൊക്കെ നീ ഇനി ഒന്ന് പഠിക്കും ഒരടുക്കും ചിട്ടയും ഒക്കെ നീ ഇനി എന്ന് പഠിക്കും നോക്കിക്കോളൂ നോക്കിക്കോളൂ ഇനി ഒരിക്കലും അങ്ങനെ കാണിക്കരുത് ഇനി ഒരിക്കലും അങ്ങനെ കാണിക്കരുത് ഇനി മുതൽ ഞാൻ ജോലിയൊക്കെ നന്നായി ചെയ്തോളാം അമ്മേ ഇനി മുതൽ ഞാൻ ജോലിയൊക്കെ നന്നായി ചെയ്തോളാം അമ്മേറ്റേഷൻ ഞാൻ തനിയെ ചോറ് ഞാൻ തനിയെ ചോറ് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ വന്നുകൊള്ളാം ഞങ്ങൾ രാവിലെ തന്നെ അവിടെ വന്നുകൊള്ളാം അവൻ തനിയെ പോയി കൊള്ളും അവൻ തനിയെ പോയി കൊള്ളും രാധ തന്നെ എല്ലാം എഴുതി കൊള്ളും രാധ തന്നെ എല്ലാം എഴുതി നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു കൊള്ളൂ ഈ പുസ്തകം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ ഈ പുസ്തകം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ നീ നോക്കിക്കൂ നീ നോക്കിക്കോ നീ പതിത്യോ നീ പതിത്യോ നീ ഓടിക്യോ നീ ഓടിക്യോ ക്ലെവിം വനു വന്ദകുലൊടിന perch�്‍ എല്ലാവരും വന്നുകൊള്ളണം എന്ത് വേണമെങ്കിലും ആൾക്കാർ പറഞ്ഞുകൊള്ളട്ടെ എന്ത് വേണമെങ്കിലും ആൾക്കാർ പറഞ്ഞുകൊള്ളട്ടെ അവൻ പ്ലേറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നു അവൻ പ്ലേറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നു രാമൻ റേഡിയോ കേട്ടുകൊണ്ട് പാഠം എഴുതുന്നു രാമൻ റേഡിയോ കേട്ടുകൊണ്ട് പാഠം എഴുതുന്നു സീത ഓടിക്കൊണ്ടുവരുന്നു സീത ഓടിക്കൊണ്ടുവരുന്നു അവൾ പാടിക്കൊണ്ട് നടക്കുന്നു അവൾ പാടിക്കൊണ്ട് നടക്കുന്നു പ്രനൗൺസിയേഷൻ പ്രാക്ടീസ് കേട്ടുകൊള്ളാം കേട്ടോളാം കേട്ടുകൊള്ളാം കേട്ടോളാം വന്നുകൊള്ളട്ടെ വന്നോളട്ടെ വന്നുകൊള്ളട്ടെ വന്നോളട്ടെ പറഞ്ഞുകൊള്ളണം പറഞ്ഞോളണം പറഞ്ഞുകൊള്ളണം പറഞ്ഞുകൊള്ളണം നടന്നുകൊണ്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് പാടിക്കൊണ്ട് പാടിക്കൊണ്ട് പാടിക്കൊണ്ട് പാടിക്കോണ്ട് നോക്കിക്കൊണ്ട് നോക്കിക്കോണ്ട് നോക്കിക്കൊണ്ട് നോക്കിക്കോണ്ട് ചാടിക്കൊണ്ട് ചാടിക്കോണ്ട് ചാടിക്കൊണ്ട് ചാടിക്കോണ്ട് പറഞ്ഞുകൊണ്ട് ഓടി പറഞ്ഞോണ്ടോടി പറഞ്ഞുകൊണ്ട് ഓടി പറഞ്ഞോണ്ടോടി ചിരിച്ചുകൊണ്ട് ഓടി ചിരിച്ചോണ്ടോടി ബിൽഡപ് ഡ്രിൽ മോഡൽ ചെയ്തുകൊള്ളാം ഞാൻ തന്നെ ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്റെ ജോലി എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തു കൊള്ളാം നൗ ഫോളോ ദോഡൽ എടുത്തോ പലഹാരം പലഹാരം എടുത്തോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പലഹാരം എടുത്തോ നിന്റെ നിന്റെ ഇഷ്ടം പോലെ പലഹാരം എടുത്തോ നീ നീ നിന്റെ ഇഷ്ടം പോലെ പലഹാരം എടുത്തോ മോനെ മോനെ നീ നിന്റെ ഇഷ്ടം പോലെ പലഹാരം എടുത്തോ പഠിച്ചോളൂ ഇരുന്ന് ഇരുന്ന് പഠിച്ചോളൂ മുറിയിലിരുന്ന് പഠിച്ചോളൂ എന്റെ എന്റെ മുറിയിലിരുന്ന് പഠിച്ചോളൂ വർത്തമാനം പറയുന്നു ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു എപ്പോഴും എപ്പോഴും ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു അദ്ദേഹം അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു വരുന്നു കോരിക്ക കോരിക്കൊണ്ടുവരുന്നു വെള്ളം കോരിക്കൊണ്ടുവരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു അപ്പുറത്തെ പ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ നാരായണൻ കഥ വായിച്ചുകൊണ്ട് നടക്കുന്നു കേട്ടുകൊണ്ട് നാരായണൻ കഥ കേട്ടുകൊണ്ട് നടക്കുന്നു ഓർമ്മിച്ചുകൊണ്ട് കഥ ഓർമ്മിച്ചുകൊണ്ട് നടക്കുന്നു പറഞ്ഞുകൊണ്ട് നാരായണൻ കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അവൾ പാടിക്കൊണ്ടുവരും ഓടിക്കൊണ്ട് അവൾ ഓടിക്കൊണ്ടുവരും ചാടിക്കൊണ്ട് അവൾ ചാടിക്കൊണ്ടുവരും നടന്നുകൊണ്ട് അവൾ നടന്നുകൊണ്ടുവരും അയാൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു വിചാരിച്ചുകൊണ്ട് അയാൾ വിചാരിച്ചു കൊണ്ട് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവർ കവിത എഴുതി നടക്കുന്നു ജീവിക്കുന്നു അവർ കവിത എഴുതിക്കൊണ്ട് ജീവിക്കുന്നു കഴിയുന്നു അവർ കവിത എഴുതിക്കൊണ്ട് കഴിയുന്നു സന്തോഷിക്കുന്നു അവർ കവിത എഴുതിക്കൊണ്ട് സന്തോഷിക്കുന്നു അവർ കവിത എഴുതിക്കൊണ്ട് ആസ്വദിക്കുന്നു അയാൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു അയാൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഓടി സ്പ്ലിറ്റപ് ഡ്രിൽ മോഡൽ അമ്മ പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞിനെ ഉറക്കുന്നു അമ്മ പാട്ടു പാടുന്നു അമ്മ കുഞ്ഞിനെ ഉറക്കുന്നു മോഡൽ അമ്മ മകനെപ്പറ്റി ഓർത്തുകൊണ്ട് ജോലി ചെയ്യുന്നു അമ്മ മകനെ പറ്റി ഓർക്കുന്നു അമ്മ ജോലി ചെയ്യുന്നു അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് ഇവിടം വരെ വന്നു അദ്ദേഹം അവരെ വിളിച്ചു അദ്ദേഹം ഇവിടം പട്ടി കുരച്ചുകൊണ്ട് തോളിൽ ചാടിക്കയറി മോഹനൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നു മോഹനൻ സിഗരറ്റ് വരിക്കുന്നു മോഹനൻ നടക്കുന്നു ആ സ്ത്രീ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു ആ സ്ത്രീ ഈശ്വരനിൽ വിശ്വസിക്കുന്നു ആ സ്ത്രീ ജീവിക്കുന്നു കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ അവൾ എഴുതുന്നു അവൾ നടക്കുന്നു അവൾ എഴുതിക്കൊണ്ട് നടക്കുന്നു നൗ പളത മോഡൽ കുഞ്ഞു കരഞ്ഞു കുഞ്ഞു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചു അനിയൻ ഓടി അനിയൻ ചേട്ടൻറെ അടുത്ത് വന്നു കൊണ്ട് ചേട്ടൻറെ അടുത്ത് വന്നു അവൾ കുസൃതി കാണിക്കുന്നു അവൾ നടക്കുന്നു അവൾ പട്ടി കുരച്ചു പട്ടി വന്നു പട്ടി കുരച്ചു കൊണ്ടുവന്നു അവൾ പണം കൊടുത്തു അവൾ പറഞ്ഞു അവൾ പണം കൊടുത്തോണ്ട് പറഞ്ഞു കുട്ടികൾ വർത്തമാനം പറയുന്നു കുട്ടികൾ ചോറുണ് കുട്ടികൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചോറുണ്ണുന്നുമേഷൻ ഡ്രിൽ മോഡൽ വൺ അവർ കുട്ടികളെ ഓർത്തോണ്ട് നടക്കുന്നു അവർ കുട്ടികളെ ഓർത്തോണ്ട് നടക്കുന്നില്ല നൗ ഫോളോ കള്ളം പറഞ്ഞോണ്ട് വരുന്നു രവി കള്ളം പറഞ്ഞോണ്ട് വരുന്നില്ല അവൾ സ്വപ്നം കണ്ടോണ്ട് നടന്നു അവൾ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നില്ല രാമു ബസ് കാത്തുകൊണ്ട് നിന്നു രാമു ബസ് കാത്തുകൊണ്ട് നിന്നില്ല മോഡൽ ടു ഞാൻ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നു ഞാൻ അവിടത്തെ കാഴ്ചകളൊക്കെ കാണാതെ നടന്നു നൗ ഫോളോ ദോഡൽ രാധ മധുവിനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി രാധ മധുവിനെ പിടിക്കാതെ വീട്ടിലേക്ക് പോയി പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് അവൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പുസ്തകത്തിൽ നോക്കാതെ അവൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കുട്ടികൾ ബഹളം ക്ലാസ്സിൽ വന്നു കുട്ടികൾ ബഹളം ഉണ്ടാക്കാതെ ക്ലാസ്സിൽ വന്നു ലീല വർത്തമാനം പറഞ്ഞുകൊണ്ട് ഊണ് കഴിക്കുന്നു ലീല വർത്തമാനം പറയാതെ ഊണ് കഴിക്കുന്നു അയാൾ ഏത് കാര്യവും ചിരിച്ചുകൊണ്ട് പറയുന്നു അയാൾ ഏത് കാര്യവും ചിരിക്കാതെ പറയുന്നു വൺ എന്റെ പുസ്തകം എടുത്തുകൊള്ളു മോനെ നീ എന്റെ പുസ്തകം എടുത്തോളൂ മോനെ നീ എന്റെ പുസ്തകം എടുത്തോ നൗ ഫോളോ ദോഡൽ നീ ഇവിടെ വന്നോളൂ നീ ഇവിടെ വന്നോ നീ ആ കാര്യം പറ നീ ആ കാര്യം പറഞ്ഞോളൂ നീ ആ കാര്യം പറഞ്ഞോ നീ ആ പാഠം എഴുത് നീ ആ പാഠം എഴുതിക്കോളൂ നീ ആ പാഠം എഴുതിക്കോ െ വിളി നീ അച്ഛനെ വിളിച്ചോളൂ നീ അച്ഛനെ വിളിച്ചോ നീ അവളോട് സംസാരിക്ക സംസാരിച്ചോളൂ നീ അവളോട് സംസാരിച്ചോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ നൗ ഫോളോ ദോഡൽ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കൂ നിങ്ങൾ ചൂടുവെള്ളം കുടിച്ചോളൂ എൻറെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ നിങ്ങൾ അവളെ കല്യാണം കഴിക്കൂ നിങ്ങൾ അവളെ കല്യാണം കഴിച്ചോളൂ നിങ്ങൾ നാളെ തന്നെ ഇവിടെ വരൂ നിങ്ങൾ നാളെ തന്നെ ഇവിടെ വന്നോളൂ നിങ്ങൾ ഇവിടത്തെ കാഴ്ചകൾ നോക്കൂ നിങ്ങൾ ഇവിടത്തെ കാഴ്ചകൾ നോക്കിക്കോളൂ നിങ്ങൾ എഴുത്തിന് മറുപടി എഴുതൂ നിങ്ങൾ എഴുത്തിന് മറുപടി എഴുതിക്കോളൂ മോഡൽ ത്രീ അവരൊക്കെ വരട്ടെ അവരൊക്കെ വന്നുകൊള്ളട്ടെ അവരൊക്കെ വന്നോളട്ടെ മോഡൽ എല്ലാവരും പോകട്ടെ എല്ലാവരും പോയി കൊള്ളട്ടെ ഇളയ സഹോദരിമാരുടെ കല്യാണം ഒക്കെ കഴിയട്ടെ ഇളയ സഹോദരിമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞോടട്ടെ അരിയും കറിയും അരിയും കറിയും വെന്തോടട്ടെ അവർ പാർട്ടി പ്രചരണം നടത്തട്ടെ അവർ പാർട്ടി പ്രചരണം നടത്തിക്കൊള്ളട്ടെ അവരെന്നെ ശപിക്കട്ടെ അവരെന്നെ ശപിച്ചോളട്ടെ